യൂണിറ്റ് ട്വൽ ലെസൺ ഫോർട്ടിഎറ്റ് അവർ സ്നേഹിച്ചു പോയില്ലേ ഞാൻ ചേട്ടനോട് അപ്പോൾ ചേട്ടൻ സംഗതിയൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നിട്ടിപ്പോൾ അവന്റെ വക്കാലത്തും കൊണ്ടുവരുന്നു തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് വിഷമം എന്നെ വിശ്വസിക്കണം അന്നൊന്നും രവി എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല പിന്നെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു ഇന്നിവിടെ അവന്റെ ജോത്സ്യനോ ദൂതനോ വന്നു പെൺകുട്ടിയുടെ വീട്ടുകാരെ എനിക്ക് നന്നായി അറിയാം വളരെ നല്ല കുടുംബക്കാരാണ് മിനിഞ്ഞാന്ന് രവി അവരുടെ കൂടെ എന്റെ അടുത്ത് വന്നു അവർക്കൊരേ മകളേ ഉള്ളൂ അതുകൊണ്ട് എന്തും സഹിച്ച് അവളുടെ ഇഷ്ടം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു അത് ശരി പക്ഷേ ക്രിസ്ത്യാനികളായിപ്പോയല്ലോ ചേട്ടാൻ മനസ്സറിഞ്ഞ് ഞാനിതെങ്ങനെ അനുവദിക്കും അവർ യില്ലേ സ്നേഹത്തിന് ജാതിയും മതവും ഒന്നും ഒരു പ്രതിബന്ധമല്ല താനത് മനസ്സിലാക്കുന്നുണ്ടോ ഒരു വലിയ ശിക്ഷയാണിത് എനിക്കൊരേ ഒരു മോൻ കല്യാണം കഴിക്കാൻ അവനൊരു നസ്രാണിപ്പെണിനെ കണ്ടുവച്ചു ഞാനത് കണ്ണുമടച്ച് അനുവദിക്കണം പോലും എന്തൊരു അന്യായമാണിത് എന്തുകൊണ്ട് ചേട്ടന്റെ മോളുടെ കല്യാണമൊക്കെ ജാതിയും മതവും വിടാതെ തന്നെ നടത്തിക്കഴിഞ്ഞല്ലോ അതല്ലേ ഇത്ര സമാധാനമായി എന്നെ ഉപദേശിക്കാൻ കാരണം താനെന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നു എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല ചേട്ടന് ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു തനിക്ക് സങ്കടം വരും അതെനിക്ക് അറിയാം പഴയ ആചാരമര്യാദകൾ അത്ര പെട്ടെന്ന് കൈവിടാൻ മനസ്സ് സമ്മതിക്കില്ല ആ രീതിയിൽ നമ്മൾ ജീവിച്ചു വന്നു പക്ഷേ കാലത്തിനനുസരിച്ച് ും മാറണ്ടി വരില്ലേ അപ്പോ ഇനി ഒരു രക്ഷയുമില്ലേ ചേട്ടാ രവി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അവൻ എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്കു പറഞ്ഞില്ലല്ലോ തൻ്റെ അടുത്ത് വരാൻ ഒരു സങ്കോചമൊക്കെ കാണില്ലേ തന്റെ സ്വഭാവം അവന് നന്നായി അറിയാമല്ലോ അപ്പൊ പിന്നെ തീർച്ചയായും പേടി കാണും അതുകൊണ്ടാണ് എന്റെ ശുപാർശ നമ്മുടെ ബന്ധത്തെപ്പറ്റി അവന് വലിയ ഉറപ്പാണ് പോലും പക്ഷേ ചേട്ടാ അച്ഛനേയും അമ്മയും പോലും, അവൻ ആ പെണ്ണിനെ കെട്ടാൻ നിശ്ചയിച്ചല്ലോ തലമുറകളായിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരും പഴയ രീതിയിൽ ജീവിച്ചു വരുന്നു എന്നിട്ടിതാ എന്റെ മോൻ അതിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ഒരു നസ്രാണി പെണ്ണുമായി ബന്ധം പുലർത്താൻ പോകുന്നു ഞാനിതെങ്ങനെ സഹിക്കും അവൻറെ അമ്മയ്ക്കിത് താങ്ങാനാവില്ല ഒക്കെ മനസ്സിലാകുന്നുണ്ട് ഇത്ര ആവേശം കൊള്ളരുത് സാവകാശമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് പിന്നെ കാണാം ലിസൺ റിപ്പീറ്റ് ഞാൻ ചേട്ടനോട് അന്നേ ചോദിച്ചല്ലോ ഞാൻ ചേട്ടനോട് അന്നേ ചോദിച്ചല്ലോ അപ്പോൾ ചേട്ടൻ സംഗതിയൊക്കെ എന്നിൽ നിന്നും മറച്ചു വച്ചു അപ്പോൾ ചേട്ടൻ സംഗതിയൊക്കെ എന്നിൽ നിന്നും മറച്ചു വച്ചു എന്നിട്ടിപ്പോൾ അവന്റെ വക്കാലത്തും കൊണ്ടുവരുന്നു എന്നിട്ടിപ്പോൾ അവന്റെ വക്കാലത്തും കൊണ്ടുവരുന്നു തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് വിഷമം തന്നെടോ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് വിഷമം തന്നെടും താൻ എന്നെ വിശ്വസിക്കണം താൻ എന്നെ വിശ്വസിക്കണം അന്നൊന്നും രവി എന്നോട് ഇതിനെ പറഞ്ഞില്ല അന്നൊന്നും രവി എന്നോട് ഇതിനെ പറ്റി പറഞ്ഞില്ല പിന്നെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു പിന്നെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു ഇന്നിവിടെ അവന്റെ ജോത്സ്യനോ ദൂതനോ വന്നോ ഇന്നിവിടെ അവന്റെ ജോത്സ്യനോ ദൂതനോ വന്നോ പെൺകുട്ടിയുടെ വീട്ടുകാര് എനിക്ക് നന്നായി അറിയാം പെൺകുട്ടിയുടെ വീട്ടുകാരെ എനിക്ക് നന്നായി അറിയാം വളരെ നല്ല കുടുംബക്കാരാണ് വളരെ നല്ല കുടുംബക്കാരാണ് മിനിഞ്ഞാന്ന് രവി അവരുടെ കൂടെ എൻ്റെ അടുത്ത് വന്നു മിനിഞ്ഞാന്ന് രവി അവരുടെ കൂടെ എന്റെ അടുത്ത് വന്നു അവർക്കൊരേ ഒരു മകളേ ഉള്ളൂ അവർക്കൊരേ ഒരു മകളേ ഉള്ളൂ അതുകൊണ്ട് എന്തും സഹിച്ച് അതുകൊണ്ട് എന്തും സഹിച്ച് അവളുടെ ഇഷ്ടം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു അവളുടെ ഇഷ്ടം നടത്താൻ അവർ ആഗ്രഹിക്കുന്നു അത് ശരി അതു ശരി പക്ഷേ ക്രിസ്ത്യാനികളായിപ്പോയല്ലോ ചേട്ടാ പക്ഷേ ക്രിസ്ത്യാനികളായിപ്പോയല്ലോ ചേട്ടാ മനസ്സറിഞ്ഞ് ഞാൻ ഇതെങ്ങനെ അനുവദിക്കും മനസ്സറിഞ്ഞ് ഞാൻ ഇതെങ്ങനെ അനുവദിക്കും അവർ സ്നേഹിച്ചുപോയില്ലേ അവർ സ്നേഹിച്ചു പോയില്ലേ സ്നേഹത്തിന് ജാതിയും മതവും ഒന്നുമൊരു പ്രതിബന്ധമല്ല സ്നേഹത്തിന് ജാതിയും മദവും ഒന്നും ഒരു പ്രതിബന്ധമല്ല താനത് മനസ്സിലാക്കുന്നുണ്ടോ താനത് മനസ്സിലാക്കുന്നുണ്ടോ ഒരു വലിയ ശിക്ഷയാണിത് ഒരു വലിയ ശിക്ഷയാണിത് എനിക്കൊരേ ഒരു മോൻ എനിക്കൊരേ ഒരു മോൻ കല്യാണം കഴിക്കാൻ അവനൊരു നസ്രാണിപ്പെ കല്യാണം കഴിക്കാൻ അവനൊരു നസ്രാണിപ്പെത് കണ്ണുമടച്ച് അനുവദിക്കണം പോലും ഞാനത് കണ്ണുമടച്ച് അനുവദിക്കണം പോലും എന്തൊരന്യായമാണിത് എന്തൊരന്യായമാണിത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ചേട്ടന്റെ മോളുടെ കല്യാണം ചേട്ടന്റെ മോളുടെ കല്യാണമൊക്കെ ജാതിയും മതവും വിടാതെ തന്നെ നടത്തി കഴിഞ്ഞല്ലോ ജാതിയും മതവും വിടാതെ തന്നെ നടത്തി കഴിഞ്ഞല്ലോ അതല്ലേ ഇത്ര സമാധാനമായി എന്നെ ഉപദേശിക്കാൻ കാരണം അതല്ലേ ഇത്ര സമാധാനമായി എന്നെ ഉപദേശിക്കാൻ കാരണം താനെന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നു താനെന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നു എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല ചേട്ടനെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ചേട്ടനെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു എന്റെ സംഗടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു തനിക്ക് സംഗടം വരും തനിക്ക് സങ്കടം വരും അതെനിക്ക് അറിയാം അതെനിക്കറിയാം പഴയ ആചാരമര്യാദകൾ അത്ര പെട്ടെന്ന് പഴയ ആചാരമര്യാദകൾ അത്ര പെട്ടെന്ന് കൈവിടാൻ മനസ്സ് സമ്മതിക്കില്ല കൈവിടാൻ മനസ്സ് സമ്മതിക്കില്ല ആ രീതിയിൽ നമ്മൾ ജീവിച്ചു വന്നു ആ രീതിയിൽ നമ്മൾ ജീവിച്ചു വന്നു പക്ഷേ കാലത്തിനനുസരിച്ച് നമുക്കും മാറേണ്ടി വരില്ലേ പക്ഷേ കാലത്തിനനുസരിച്ച് നമുക്കും മാറേണ്ടി അപ്പോ ഇനി ഒരു രക്ഷയും ചേട്ടാ അപ്പോ ഇനി രക്ഷുമില്ല ചേട്ടാ രവി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു രവി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അവൻ എന്നോട് ഇതിനെ പറ്റി ഒരു വാക്കു പറഞ്ഞില്ലല്ലോ അവൻ എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്കു പറഞ്ഞില്ലല്ലോ തൻ്റെ അടുത്ത് വരാൻ ഒരു സങ്കോചമൊക്കെ കാണില്ലേ തന്റെ അടുത്ത് വരാൻ ഒരു സങ്കോചമൊക്കെ കാണില്ലേ തന്റെ സ്വഭാവം അവന് നന്നായി അറിയാമല്ലോ തന്റെ സ്വഭാവം അവനെ നന്നായി അറിയാമല്ലോ അപ്പോ പിന്നെ തീർച്ചയായും പേടി കാണും അപ്പോ പിന്നെ തീർച്ചയായും പേടി കാണും അതുകൊണ്ടാണ് എന്റെ ശുപാർശ അതുകൊണ്ടാണ് എന്റെ ശുപാർശ നമ്മുടെ ബന്ധത്തെ പറ്റി അവന് വലിയ ഉറപ്പാണ് പോലും നമ്മുടെ ബന്ധത്തെ പറ്റി അവന് വലിയ ഉറപ്പാണ് പോലും പക്ഷെ ചേട്ടാ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോലും പക്ഷേ ചേട്ടാ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോലും അവൻ ആ പെണ്ണിനെ നിശ്ചയിച്ചല്ലോ അവൻ ആ പെണ്ണിനെ കെട്ടാൻ നിശ്ചയിച്ചല്ലോ തലമുറകളായിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരും ളായിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാരും പഴയ രീതിയിൽ ജീവിച്ചു വരുന്നു പഴയ രീതിയിൽ ജീവിച്ചു വരുന്നു എന്നിട്ടിതാ എന്റെ മോൻ എന്നിട്ടിതാ എന്റെ മോൻ അതിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ഒരു നസ്രാണി പെണ്ണുമായി ബന്ധം പുലർത്താൻ പോകുന്നു ഒരു നസ്രാണി പെണ്ണുമായി ബന്ധം പുലർത്താൻ പോകുന്നു ഞാനിതെങ്ങനെ സഹിക്കും ഞാൻ ഇതെങ്ങനെ സഹിക്കും അവന്റെ അമ്മയ്ക്ക് ഇത് താങ്ങാനാവില്ല അവന്റെ അമ്മയ്ക്ക് ഇത് താങ്ങാനാവില്ല ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്ര ആവേശം കൊള്ളരുത് ഇത്ര ആവേശം കൊള്ളരുത് സാവകാശമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ സാവകാശമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് പിന്നെ കാണാം നമുക്ക് പിന്നെ കാണാം ിൽ അവർ പരസ്പരം സ്നേഹിച്ചു പോയി അവർ പരസ്പരം സ്നേഹിച്ചു പോയി ഗ്രഹപാഠം എഴുതിക്കൊണ്ടു പോകാൻ ചില കുട്ടികൾ മറന്നുപോകുന്നു ൊണ്ടുപോകാൻ ചില കുട്ടികൾ മറന്നുപോകുന്നു ചില സമയങ്ങളിൽ ആരും തെറ്റു ചെയ്തു പോകും ചില സമയങ്ങളിൽ ആരും തെറ്റ് ചെയ്തു പോകും കല്യാണം കഴിക്കാൻ അവനൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചു കല്യാണം കഴിക്കാൻ അവനൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചു വീട്ടുപണി നോക്കാൻ ഒരാളെ ചെയ്തു വെച്ചു വീട്ടുപണി നോക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു വെച്ചു മേലധികാരിയെ കണ്ടു സംഗതിയെല്ലാം ശരിയാക്കി വെച്ചു മേലധികാരിയെ കണ്ട് സംഗതിയെല്ലാം ശരിയാക്കി വച്ചു ഞാൻ എന്റെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ എന്റെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു നാളെ ഈ സമയം ഞാൻ അവിടെ എത്തി കഴിയും ഞാൻ അവിടെ എത്തിക്കഴിയും അതിനെപ്പറ്റി അവർ അന്നേ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അതിനെപ്പറ്റി അവർ അന്നേ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു തലമുറകളായിട്ട് ഞങ്ങൾ പഴയ രീതിയിൽ ജീവിച്ചു തലമുറകളായിട്ട് ഞങ്ങൾ പഴയ രീതിയിൽ ജീവിച്ചു വന്നു കുട്ടിക്കാലം മുതലേ അവർ ഒരുമിച്ച് പഠിച്ചു കുട്ടിക്കാലം മുതലേ അവർ ഒരുമിച്ച് പഠിച്ചു വളരെ കാലമായി അവൻ അവിടെ ജോലി ചെയ്തു വളരെ കാലമായി അവൻ അവിടെ ജോലി ചെയ്തു വരുന്നു ചേട്ടൻ ആ കാര്യത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ ചേട്ടൻ ആ കാര്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പല പ്രാവശ്യവും ഞാൻ അത് മനസ്സിലാക്കി നോക്കി പല പ്രാവശ്യവും ഞാൻ അത് മനസ്സിലാക്കി നോക്കി ഒരിക്കൽ കൂടി ഞാൻ അത് ചെയ്തു നോക്കാം ഒരിക്കൽ കൂടി ഞാനത് ചെയ്തു നോക്കാം കൊട്ടി ആ പലഹാരം കണ്ടുവച്ചു കുട്ടി ആ പലഹാരം കണ്ടുവച്ചു കുട്ടി അമ്മയെ കാണാൻ കരഞ്ഞു നോക്കി കുട്ടി അമ്മയെ കാണാൻ കരഞ്ഞു നോക്കി കുട്ടി അമ്മയുടെ വഴക്ക് കേട്ടു കരഞ്ഞുപോയി കുട്ടി അമ്മയുടെ വഴക്ക് കേട്ട് കരഞ്ഞുപോയി കുറേ നാളായി കുട്ടി ശാഠ്യം പിടിച്ചു വരുന്നു കുറേ നാളായി കുട്ടി ശാഠ്യം പിടിച്ചു വരുന്നു കുട്ടി അപ്പോഴേ കരഞ്ഞുകഴിഞ്ഞു കുട്ടി അപ്പോഴേ കരഞ്ഞുകഴിഞ്ഞു ബിൽഡപ്പ് ഡ്രിൽ മോഡൽ മനസ്സിലാക്കി വരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നു നൗ ഫോളോ ദ മോഡൽ പറഞ്ഞു നോക്കി എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞു നോക്കി സഹായിക്കാൻ സഹായിക്കാൻ എല്ലാവരോടും പറഞ്ഞു നോക്കി അവളെ അവളെ സഹായിക്കാൻ എല്ലാവരോടും പറഞ്ഞു നോക്കി ചെയ്തുവച്ചു ഏർപ്പാടുകളും ും ചെയ്തു വച്ചു എല്ലാ ഏർപ്പാടുകളും ചെയ്തു വച്ചു ഞാൻ തന്നെ ഞാൻ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വച്ചു ആ ചായ സൽക്കാരത്തിന് ആ ചായ സൽക്കാരത്തിന് ഞാൻ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വച്ചു ചത്തുപോയി പശുക്കളെല്ലാം പശുക്കളെല്ലാം ചത്തുപോയി ഗ്രാമത്തിലെ ഗ്രാമത്തിലെ പശുക്കളെല്ലാം ചത്തുപോയി വന്ന് സുഖക്കേട് വന്ന് ഗ്രാമത്തിലെ പശുക്കളെല്ലാം ചത്തുപോയി എന്തോ എന്തോ സുഖക്കേട് വന്ന് ഗ്രാമത്തിലെ പശുക്കളെല്ലാം ചത്തുപോയി സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ കുറെ പ്രാവശ്യം ഞാൻ ആ പാഠം വായിച്ചു നോക്കി എഴുതി കുറെ പ്രാവശ്യം ഞാൻ ആ പാഠം എഴുതി നോക്കി ആവർത്തിച്ചു കുറെ പ്രാവശ്യം ഞാൻ ആ പാഠം ആവർത്തിച്ചു നോക്കി കേട്ടു കുറെ പ്രാവശ്യം ഞാൻ ആ പാഠം കേട്ടുനോക്കി അമ്മ പലഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞു തിന്നു അമ്മ പലഹാരം തിന്നുകഴിഞ്ഞു കൊടുത്തു അമ്മ പലഹാരം കൊടുത്തു കഴിഞ്ഞു വാങ്ങിച്ചു അമ്മ പലഹാരം വാങ്ങിച്ചു കഴിഞ്ഞു വിറ്റു അമ്മ പലഹാരം വിറ്റുകഴിഞ്ഞു എടുത്തു അമ്മ പലഹാരം എടുത്തു കഴിഞ്ഞു എത്ര നാളായി അവർ അങ്ങനെ ജീവിച്ചു വരുന്നു എഴുതി എത്ര നാളായി അവർ അങ്ങനെ എഴുതി വരുന്നു വായിച്ചു എത്രനാളായി അവർ അങ്ങനെ വായിച്ചു വരുന്നു പറഞ്ഞു എത്ര നാളായി അവർ അങ്ങനെ പറഞ്ഞു വരുന്നു സംസാരിച്ചു എത്ര നാളായി അവർ അങ്ങനെ സംസാരിച്ചു കേട്ടു എത്ര നാളായി അവർ അങ്ങനെ കേട്ടു വരുന്നു ആ കഥ കേട്ട് അവർ അങ്ങനെ പറഞ്ഞുപോയി ചോദിച്ചു ആ കഥ കേട്ട് അവരങ്ങനെ ചോദിച്ചുപോയി നിന്നു അവരങ്ങനെ നിന്നുപോയി ഇരുന്നു ആ കഥ കേട്ട് അവരങ്ങനെ ഇരുന്നു പോയി റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ നിങ്ങളുടെ വീട്ടിലെ കോഴി ചത്തോ കോഴിയോ അതൊക്കെ അന്നേ ചത്തുപോയി നൗ ഫോളോ ദോഡൽ നീ ആ കാര്യവും അദ്ദേഹത്തിനോട് പറഞ്ഞോ നീ അതുപോലത്തെ കഥയും എഴുതിയോ നീ ആ പലഹാരവും തിന്നോ നീ വീണ്ടും അവളോട് സഹായം ചോദിച്ചോ മോഡൽ ടു നിങ്ങൾ വീണ്ടും അത് വായിച്ചോ പിന്നെ ഒരിക്കലല്ല പല പ്രാവശ്യം വായിച്ചു നോക്കി നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ വീണ്ടും മന്ത്രിയെ കണ്ടോ നിങ്ങൾ വീണ്ടും അയാൾക്ക് കത്തയച്ചോ നിങ്ങൾ വീണ്ടും അവനോട് സംസാരിച്ചോ നിങ്ങൾ വീണ്ടും ഈ മീൻ പൊരിച്ചോ മോഡൽ ത്രീ നിങ്ങൾ എന്തിനെ പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയി ക്ഷമിക്കൂ നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ എന്തിനാ അവിടെ വന്നു നിങ്ങൾ എന്തിനെടുത്ത് തിന്നു നിങ്ങൾ എന്തിനാ തെറ്റ് ചെയ്തു ൾ എന്തിനവനെ വിളിച്ചു നിങ്ങൾ എന്തിനത്ര ഉറക്കെ കരഞ്ഞു